ഇന്ത്യൻ ഭരണഘടന ആമുഖം ആർട്ടിക്കിളുകൾ എട്ട് ഷെഡ്യൂളുകൾ ഇത്രയും ചേരുന്നതാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നിവയാണ് മൌലികാവകാശങ്ങൾ ിൽ സ്വത്തവകാശം ഇത് നീക്കം ചെയ്തു മൂന്ന് ഘടകങ്ങൾ ചേരുന്നതാണ് രാഷ്ട്രപതി രാജ്യസഭ ലോകസഭ എട്ടാം ഷെഡ്യൂൾ അനുസരിച്ച് പതിനെട്ട് ഭാഷകളെ ഭരണഘടന അംഗീകരിക്കുന്നു ആദ്യം പതിനാല് ഭാഷകളായിരുന്നു ഭരണഘടനയുടെ സിന്ധിയും കൊങ്കണി മണിപ്പൂരി നേപ്പാളി ഭാഷകളും ഉൾപ്പെടുത്തി സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ യന്ത്രം പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ പ്രസിഡന്റ് തന്നെ നേരിട്ട് സംസ്ഥാനങ്ങളുടെ ഭരണം ഏറ്റെടുക്കുന്നു ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി അഞ്ച് വർഷം ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലയളവ് രണ്ട് ഇന്ത്യൻ ഭരണഘടനാ നമ്മുടെ രാഷ്ട്രത്തിന്റെ പേര് ഇന്ത്യ ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഭാരതത്തിന്റേത് യിരത്തിയാറിൽ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു സമിതിയുടെ ചെയർമാൻ അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനാ ശില്പിഎന്ന് വിളിക്കുന്നു ഏകാത്മക സ്വഭാവം ഉൾക്കൊള്ളുന്ന ഫെഡറൽ ഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് അതിനാൽ ഇന്ത്യൻ ഭരണഘടന ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാർലമെന്ററി വ്യവസ്ഥ ഏകപൌരത്വം എന്നിവ ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഭേദഗതി പ്രകാരം നാം ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച മൌലിക ചുമതലകൾ മുൻ സോവിയറ്റ് ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് ാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചുമതലകൾ വകുപ്പ് ഒരു ഇന്ത്യൻ പൌരന് തന്റെ പൌരത്വം നഷ്ടപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങൾ മൂന്നാണ് പരിത്യാഗം പൌരത്വം നിർത്തൽ ചെയ്യൽ ഏതവകാശമാണ് ഇന്ത്യയിൽ കഴിയുന്ന ഒരു വിദേശ പൌരന് ഇല്ലാത്തത് വോട്ടുചെയ്യൽ മൌലികാവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ആറ് വിധത്തിലുള്ള മൌലികാവകാശങ്ങൾ ഒരു ഇന്ത്യൻ പൌരന് ഉറപ്പു നൽകുന്നു സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊൻപത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ടിറ്റ് ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൌലിക അവകാശങ്ങൾ സുപ്രീംകോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഹേബിയസ് കോർപ്പസ് എന്നതിന്റെ ശബ്ദാർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് വകുപ്പനുസരിച്ച് രാജ്യത്തിന് ആകമാനം ബാധകമായ ഒരു സിവിൽ നിയമസംഹിത നിര്മ്മിക്കാം നാല് വകുപ്പ് അനുസരിച്ച് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ലഹരിപാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപയോഗം തടയുകയും ചെയ്യുക ചരിത്രപരമായ കൗതുകമുള്ളവയും ദേശീയ പ്രാധാന്യമുള്ളവയുമായ എല്ലാ സ്മാരകങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് അൻപതാം വകുപ്പനുസരിച്ച് നീതിന്യായ വകുപ്പിനെ എക്സിക്യൂട്ടീവിൽ നിന്ന് ചെയ്യാം അന്തർദേശീയ തർക്കങ്ങൾ മാധ്യസ്ഥ മുഖേന പരിഹരിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് വകുപ്പ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുതന്ത്യത്തിനുമുള്ള സംരക്ഷണം അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരായ സംരക്ഷണം വകുപ്പ് ചൂഷണത്തിനെതിരായ അധികാരം നിരോധനം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മുപ്പത്തിയാറ് അൻപത്തിയൊന്നാം വകുപ്പ് മാർഗനിർദ്ദേശക തത്വങ്ങൾ വകുപ്പ് പഞ്ചായത്തുകളുടെ രൂപീകരണം വകുപ്പ് പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം അനുവദിക്കുന്ന നിയമം ൻസുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീംകോടതിയോട് ഉപദേശം ആരായാൻ നൽകുന്ന വകുപ്പ് റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതിക്ക് അധികാരം നൽകുന്നു ധനകാര്യ കമ്മീഷൻ വകുപ്പ് ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു മുന്നൂറ്റി അൻപത്തിയാറാം വകുപ്പ് രാഷ്ട്രപതി ഭരണം മുന്നൂറ്റി അറുപതാം വകുപ്പ് സാമ്പത്തിക അടിയന്തരാവസ്ഥാ ഭേദഗതി ജമ്മുകാശ്മീരിനെ സംബന്ധിക്കുന്നത് യൂണിയൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ എന്നിവ യൂണിയൻ എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ സമിതി ബ്രിട്ടീഷ് മാതൃകയിലുള്ള ക്യാബിനറ്റ് സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പാർലമെന്റിന് രണ്ട് സഭകളാണുള്ളത് അധോമണ്ഡലവും ഉപരിമണ്ഡലവും നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമോന്നതാധികാരിയും സർവ സൈന്യാധിപനുമാണ് ഇദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പൌരനാണ് പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായപരിധി വയസ്സാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെ ഒഴിവ് ആറ് മാസത്തിനുള്ളിൽ നികത്തിയിരിക്കണം സംസ്ഥാന ഗവർണർമാർ അറ്റോർണി ജനറൽ കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ യു പി എസ്സി ചെയർമാൻ ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാർ ഇന്ത്യൻ അംബാസിഡർ ഹൈക്കമ്മീഷണർ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഭരണഘടനാ പ്രകാരം ഭരണകൂടത്തിന്റെ ഉന്നതാവകാശങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു പാർലമെന്റിലെ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനം എടുക്കുന്നത് രാഷ്ട്രപതിയാണ് രാജ്യസഭയിലേക്ക് കലാ സാംസ്കാരിക മേഖലയിൽ പേരെടുത്ത പന്ത്രണ്ട് പേരെയും ലോക്സഭയിലേക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെയും നാമനിർദ്ദേശം ചെയ്യാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് രാഷ്ട്രപതി തന്റെ രാജിക്കത്ത് ഉപരാഷ്ട്രപതിക്കാണ് നൽകുന്നത് ആർട്ടിക്കിൾ എഴുപത്തിരണ്ടനുസരിച്ച് വധശിക്ഷ വിധിച്ചവർക്ക് മാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോ രാജേന്ദ്രപ്രസാദാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയാണ് എതിർപ്പില്ലാതെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നീലം സഞ്ജീവ് റെഡ്ഡി തന്നെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഫൈറോൺസിംഗ് ഷെഖാവത്ത് ക്യാബിനറ്റ് ആർട്ടിലെ ആണിക്കല്ലെ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെയാണ് ഏറ്റവും പ്രായം കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യേണ്ടി വരാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺസിംഗ് പാർലമെന്റിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ഇന്ത്യയിലെ ആദ്യ വ്യക്തി ദേവഗൌഡയാണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റാണ് പാർലമെന്ററി കമ്മിറ്റികൾ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നിവയാണ് പാർലമെന്റിലെ മൂന്ന് ധനകാര്യ കമ്മിറ്റികൾ ലോക്സഭയിൽ അംഗമാകുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായം ലോക്സഭ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് അൻപത് അംഗങ്ങൾ പിന്താങ്ങിയാൽ ലോക്സഭയിൽ അവിശ്വാസം അവതരിപ്പിക്കാം ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആദ്യ ലോക്സഭയുടെ അംഗങ്ങൾ ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാനായിരുന്നു രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യായി ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു രാജ്യസഭയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ രാജ്യസഭാംഗമാകാൻ മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം രാജ്യസഭയുടെ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ് ഭിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥ കനേഡിയൻ ഭരണഘടനയെ മാതൃകയാക്കിയിരിക്കുന്നു യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്ന് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏഴാം പട്ടികയിലുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങൾ പ്രതിപാദിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തിയിരിക്കുന്നു പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള പൊതുലിസ്റ്റിനെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷനാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സുപ്രീംകോടതി സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു നിയമ ഇന്ത്യൻ ജുഡീഷ്യറി വിഭാവനം ചെയ്യുന്നത് ഏകീകൃതമായ ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഭാരതത്തിനുള്ളത് സുപ്രീംകോടതിയിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഇരുപത്തി ജഡ്ജിമാരു ഇന്ത്യയിൽ സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ് സുപ്രീംകോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ഹൈക്കോടതി ജഡ്ജിയെയാണ് സുപ്രീംകോടതിയുടെ അഡ്ഹോക് ജഡ്ജിയായി നിയമിക്കുന്നത് രക്ഷകർത്താവ് സുപ്രീംകോടതിയാണ് അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ എന്നീ വകുപ്പുകളിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നു ക്യാബിനറ്റിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ഭരണഘടനയുടെ ഒന്ന് വകുപ്പ് പ്രകാരം ഇതുവരെ മൂന്ന് തവണ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ ചൈനയുടെ ആക്രമണത്തെ തുടർന്നായിരുന്നു ആദ്യത്തെ അടിയന്തരാവസ്ഥ ആയിരത്തി ഡിസംബറിൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ തുടർന്ന് വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ൂണിൽ ആഭ്യന്തര സംഘർഷങ്ങൾ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ധനപരമായ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താം രാജ് രാജസ്ഥാനിലാണ് പഞ്ചായത്ത് രാജ് ആദ്യമായി നിലവിൽ വന്നത് ബെൽവന്ത്റായി മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കിയത് ആയിരത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കാത്ത സംസ്ഥാനമാണ് നാഗാലാന്റ് പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതാണ്